ം മൂന്ന് അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണു അവർ അത് പ്രതിഷ്ഠിച്ച് വെച്ചു ഹമ്മേയ ഗോപുരം വരെയും ഹനനേയൽ ഗോപുരം വരെയും അവർ പ്രതിഷ്ഠിച്ചു അവർ പണിതതിനപ്പുറം യരിഹോക്കാർ പണുതുപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണുതു മീൻവാതിൽ ഹസേനായക്കാർ പണുതു അവർ പടികൾ വെച്ച് കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി അവരുടെ അപ്പുറം ഹക്കോസിന്റെ മകനായ ഊര്യാവിന്റെ മകൻ മെരേമോത്ത് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം മെസ്സെസബേലിന്റെ മകനായ ബരഖ്യാവിന്റെ മകൻ മെസുല്ലാം അറ്റകുറ്റം തീർത്തു അവരുടെയപ്പുറം ബാനയുടെ മകൻ സാദുക് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം തെക്കോവിയർ അറ്റകുറ്റം തീർത്തു എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല പഴയ വാതിൽ പാസേഹയുടെ മകനായ യോയാദയും ബസോദ്യാവിന്റെ മകനായ മെസുല്ലാമും അറ്റകുറ്റം തീർത്തു അവർ അതിന്റെ പടികൾ വച്ച് കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി അവരുടെയപ്പുറം ഗിബയോന്യനായ മെലത്യാവും മെരോനോധ്യനായ യാദോനും ഗിബയോന്യരും മിസ്പായരും നദിക്കിക്കരയുള്ള ദേശാധിപതിയുടെ ന്യായാസന സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു അതിനപ്പുറം തട്ടാൻമാരിൽ ഹർഹയ്യാവിന്റെ മകനായ ഉസിയേൽ അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്ത് വീതിയുള്ള മതിൽ വരെ ഉറപ്പിച്ചു അവരുടെ അപ്പുറം യെരുശലേം ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹൂരിന്റെ മകൻ രഫായാവ് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം ഹരൂമഫിന്റെ മകൻ യഥായാവ് തന്റെ വീട്ടിന് നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം ഹസ്ബനയാവിന്റെ മകൻ ഹത്തൂഷ് അറ്റകുറ്റം തീർത്തു മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹാരിമിന്റെ മകൻ മൽക്കിയാവും പഹദ്മോവാബിന്റെ മകൻ ഹസൂബും അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം യെരുസലേം ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹേസിന്റെ മകൻ ും അവന്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു താഴ്വരവാതിൽ ഹന്നൂനും സനോഹ നിവാസികളും അറ്റകുറ്റം തീർത്തു അവർ അത് പണിത് അതിന്റെ കഥകും പോടാമ്പലും അന്താഴവും ഇണക്കി കുപ്പവാതിൽ വരെ മതിലായിരം മുഴം കേടുപോക്കി കുപ്പവാതിൽ ബേ ഹക്കേരേം ദേശത്തിന്റെ പ്രഭുവായ രേഖാബിന്റെ മകൻ മൽകിയാവ് അറ്റകുറ്റം തീർത്തു അവനത് പണിത് അതിന്റെ കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി ഉറവുവാതിൽ മിസ്പാദേശത്തിന്റെ പ്രഭുവായ കോൽ ഹൊസയുടെ മകൻ ഷല്ലൂൻ അറ്റകുറ്റം തീർത്തു അവനത് പണിത് മേച്ചൽ കഴിച്ച് കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി രാജോദ്യാനത്തിന്റെ നീർപ്പാത്തിക്കരികെയുള്ള കുളത്തിന്റെ മതിലും ദാവീദിന്റെ നഗരത്തിൽ നിന്ന് റങ്ങുന്ന കൽപ്പടി വരെ തീർത്തു അവന്റെ അപ്പുറം ബെത്സൂർ ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ അസ്ബുക്കിന്റെ മകൻ നെഹമ്യാവ് ദാവീദിന്റെ കല്ലറകളുടെ നേരെയുള്ള സ്ഥലം വരെയും വെട്ടിക്കുഴിച്ച കുളം വരെയും വീരന്മാരുടെ ആകാരം വരെയും അറ്റകുറ്റം തീർത്തു അതിനപ്പുറം ലേവരിൽ ബാനിയുടെ മകൻ രഹൂം അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം കെയ്യിലദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹഷബിയാവ് തന്റെ ദേശത്തിന്റെ പേർക്ക് അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം അവന്റെ സഹോദരന്മാരിൽ കെയ്യയിലാ മറ്റേ പാതിക്ക് പ്രഭുവായ ഹേനാദാദിന്റെ മകൻ ബൌവായി അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം മിസ്ബ പ്രഭുവായ യേശുവയുടെ മകൻ യേസർ കോണിങ്കലെ ആയുധശാലയ്ക്കുള്ള കയറ്റത്തിനു നേരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം സബ്ബായിയുടെ മകൻ ബാരൂഖ് ആ കോണ് തുടങ്ങി മഹാപുരോഹിതനായ എല്യാഷീബിന്റെ വീട്ടുവാതിൽ വരെ മറ്റൊരു ഭാഗം ജാഗ്രതയോടെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ഹക്കോസിന്റെ മകനായ ഊര്യാവിന്റെ മകൻ മെരേമോത്ത് എല്യാഷീബിന്റെ വീട്ടുവാതിൽ തുടങ്ങി എല്ല്യാഷീബിന്റെ വീട്ടിന്റെ അറ്റം വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം നാട്ടുപുറക്കാരായ പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ബെന്യാമീനും ഹസൂബും തങ്ങളുടെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം അനന്യാവിന്റെ മകനായ മയസേയാവിന്റെ മകൻ അസരിയാവ് തന്റെ വീട്ടിനരികെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ഹേനാദാദിന്റെ മകൻ അസരിയാവിന്റെ വീടു മുതൽ കോണിന്റെ തിരിവുവരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു ഊസായിയുടെ മകൻ പാലാൽ കോണിനും കാരാഗ്രഹത്തിന്റെ മുറ്റത്തോട് ചേർന്നതായി രാജധാനി കവിഞ്ഞ് മുമ്പോട്ട് നിൽക്കുന്ന ഉന്നതഗോപുരത്തിനും നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം പരോശിന്റെ മകൻ പെതായാവ് തീർത്തു ദൈവാലയദാസന്മാർ ിൽ കിഴക്ക് നീർവാതിലിനെതിരെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തുവന്നു അതിന്റെ ശേഷം തെക്കോവിയർ കവിഞ്ഞു നിൽക്കുന്ന വലിയ ഗോപുരത്തിനു നേരെ ഓഫേലിന്റെ മതിൽ വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തൻ താൻ തന്റെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ഇമ്മേരിന്റെ മകൻ സാദോഗ് തന്റെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം കിഴക്കേ വാതിൽ കാവൽക്കാരനായ ശെഖന്യാവിന്റെ മകൻ ഷെമയ്യാവ് അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ശെലമ്യാവിന്റെ മകൻ ഹനന്യാവും സാലാഫിന്റെ ആറാമത്തെ മകൻ ഹാനൂനും മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ബരഖ്യാവിന്റെ മകൻ മെസുല്ലാം േരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം തട്ടാൻമാരിൽ ഒരുവനായ മൽക്കിയാവ് ഹമ്മീഫ് ഖാദ് വാതിലിന് നേരെ ദേവാലയദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കലെ മാളികമുറി വരെയും അറ്റകുറ്റം തീർത്തു കോണിങ്കലെ മാളികമുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാൻമാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു